കോട്ട കെട്ടിയ പട്ടണങ്ങളിലോ മതിലുകൾക്കു പിന്നിലോ അല്ലാതെ അവരെല്ലാവരും ചേർന്ന് നിങ്ങളോട് യുദ്ധം ചെയ്യില്ല അവർക്കിടയിലെ പരസ്പര വിദ്വേഷം കഠിനമാണ് അവരുടെ ഹൃദയങ്ങൾ ഭിന്നമായിരിക്കെയും അവരെല്ലാവരും ഒന്നാണെന്ന് നിങ്ങൾ കരുതും അവർ ബുദ്ധിയുപയോഗിക്കാത്ത ജനതയായതുകൊണ്ടാണത്